സത്യം ബ്രഹ്മു ബ്രഹ്മസ്വഭാവ ഇവിടെ പറയുന്ന എന്താണ് ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ് മനസിലായ മനസിലായ ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപമാണ് മനസ്സിലായ അങ്ങനെ എന്റെ അസം വന്നിട്ടുണ്ടോ സുരൂപത്തിൽ തന്നെ ഇരിക്ക സ്വഭാവത്തിൽ തന്നെ ഇരിക്കയാണ് പക്ഷേ ചെറുപ്പം ഇതാണ് പക്ഷേ ഇതുണ്ട് ഞാന് അവിദ്യ മുഖിരിതമായിരിക്കുന്ന അന്തരീക്ഷം മാറ്റിയെഴുതും ഓരോ ജീവനാശ റിവാണ് അറിവെന്ന് പറയുമ്പോ അതിനെ അറിയുന്നതിന് വേറെ ആവശ്യമില്ല അങ്ങനെ അറിവായിരിക്കും അതിനെ അറിയാൻ വേറൊരു അറിവിന്റെ ആവശ്യമില്ലെങ്കിൽ സാക്ഷാത്കാരം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു ഈ സാക്ഷാത്കാരം എന്താണ് അഖണ്ഡാകാര വൃത്തി അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മത്തിന്റെ സ്വരൂപത്തിൽ വരുന്ന വൃത്തി ബ്രഹ്മസ്വരൂപത്തിൽ വരുന്ന വൃത്തി എന്ന് പറഞ്ഞെന്താണ് എങ്ങനെയാണോ പുസ്തകത്തിന്റെ അറിവുണ്ടാകുമ്പം അന്തക്കരണവൃത്തി പുറത്തു വന്ന് പുസ്തകത്തിൽ വ്യാപിക്കുന്നത് അന്ധകർണവൃത്തി പുസ്തകത്തിൽ വ്യാപിച്ചിരിക്കുന്നു അതുപോലെ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അന്ധകർണവൃത്തി ബ്രഹ്മത്തെ വ്യാപിച്ചിരിക്കുന്നതാണ് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ കവർ ചെയ്തിരിക്കുന്നു പറയാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോബ് ിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഗ്ലോബില് നാനാ നാല് ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തും നാല് ഭാഗമല്ല ഗ്ലോബിന്റെ എല്ലാ ഭാഗത്തും പ്രകാശം അറിയി പതിഞ്ഞു കഴിഞ്ഞ പ്രകാശം അവന് പൊതിഞ്ഞിരിക്കുന്നു പറയാം ഇരുട്ടത്തിരിക്കുന്നു വയ്ക്കുക ഒരു ഗ്ലോബ് എല്ലാ ഭാഗത്തും അതിനേക്ക് പ്രകാശം അടിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ബ്രഹ്മത്തിൽ പ്രകാശം പൊതിയുന്നു ്രഹ്മത്തിൽ പ്രകാശം പോഭവിക്കും യുക്തി കൊണ്ട് മനസ്സിലാക്കി പറയുന്നത് മനസ്സിലാക്കുന്നില്ല പറയുന്നില്ല ഈ ക്ലോബിന് പ്രകാശം ഇങ്ങനെ പൊതിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇരുട്ട് നശിക്കും ഇരുട്ടെത്താതിരിക്കുന്ന ആദ്യം പറഞ്ഞു ശ്രദ്ധിക്കുന്നില്ല ഗ്ലോബ് ഇരുട്ടെത്തിരിക്കാണ് ഇവിടെ ഇപ്പൊ ഇരുട്ടാണ് ഇവിടെ പുറത്ത് ഗ്ലോബ് എല്ലാ ഭാഗത്തു നിന്നും പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ പ്രകാശം ഇങ്ങനെ പൊതിയുമ്പോ ഇരുട്ട് നശിക്കും പിന്നെ ഗ്ലോബാണെങ്കിലോ ഗ്ലോബ് ഉണ്ടായിരുന്നു വെളിച്ചുമായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു മാറ്റം സംഭവിക്കുന്ന വിളിച്ച അങ്ങനെ പൊതിയുന്നേ ഉള്ളൂ അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്നു ബ്രഹ്മം ഗ്ലോകമൊന്നുമല്ല ബ്രഹ്മന്ന് പറയുന്ന ഒന്ന് അത് അറിവാണെന്നാ പറയുന്നു ബ്രഹ്മം അറിവാണ് ആ അറിവിന് എന്ത് ചെയ്യുന്നു ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്ന അറിവ് ഒന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുന്നു ബ്രഹ്മ ആകാരം എന്ന് പറയുന്നു ബ്രഹ്മത്തിന്റെ രൂപത്തിൽ അത് ഇത്രയൊക്കെ ഇതിനെ കുറിച്ച് പറയാൻ പറ്റും ഇതിനപ്പുറം ഇതിനെ കുറിച്ച് പറയാൻ ഒരുത്തനും ലോകത്തില്ല ജീവിച്ചിരിപ്പില്ല പരമാവധി പറയാൻ പറ്റും ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് എന്താണ് ബ്രഹ്മത്തെ വൃത്തി വൃത്തി എന്ന് പറയുന്നത് എന്താണ് ണത്തിന്റെ പരിണാമമാണ്ണമിച്ച് അതിന്റെ പ്രത്യേകത എന്താണ് ഈ അന്ധകരണം പരിണമിച്ച് വൃത്തിയുടെ ഒരു സവിശേഷത എന്താണ് പ്രവർത്തിക്കുന്ന അത് ചൈതന്യത്തോട് കൂടിയതാണ് വൃത്തി എന്ന് പറയുന്നത് എപ്പോഴും അതിന് ചൈതന്യം ഉണ്ടായിരിക്കും എന്നുവെച്ചാൽ അറിവുണ്ടായിരിക്കും അപ്പൊ വൃത്തി എപ്പോഴും അറിവോട് കൂടിയതാണ് അറുപതി ഉണ്ട് ഏതുപോലെ ജലത്തിലെ പ്രതിബിംബം പോലെയോ അയോ ഗോളത്തിന്റെ തീ പോലെയോ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം ഇതുപോലെ എന്ത് വരുന്നുവൃത്തി എപ്പോഴും ായി പ്രകാശത്തോടു കൂടിയിരിക്കുന്നു അങ്ങനെയുള്ള വൃത്തി ബ്രഹ്മത്തെ പൊതിയുന്നു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണ് വൃത്തി ബ്രഹ്മത്തെ പൊതിയുന്നു അർത്ഥം ഇല്ലാത്ത അവസ്ഥയിൽ കയറുന്നില്ല പറയുന്നതിന് ഫോളോ ചെയ്യുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ അറിവ് നിറഞ്ഞിരിക്കും അതിവിടെ ചെലവാക്കാൻ പറ്റി സാധന ഫോളോ ചെയ്തിട്ട് ചോദ്യത്തിന് ഇത്തരം പറയുന്നു ഫോളോ ചെയ്താലേ പറയാൻ പറ്റും പൊർവാപര ബന്ധമായി ഇതിന്റെ പിറകെ വന്നാലേ അത് പറയാൻ പറ്റും ഈ എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തെ മൊത്തം വ്യാപിക്കുന്നു പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് പറഞ്ഞത് ഫോളോ ചെയ്ത് പറയും എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയിലുള്ള ചൈതന്യം അറിവ് ഇതിനെ വ്യാപിക്കുന്നു എന്നാണ് വ്യാപിക്കുന്നു ബ്രഹ്മമാകുന്ന അറിവ് അവിടെ രണ്ടറിവുണ്ട് ഒന്ന് ബ്രഹ്മമാകുന്ന അറിവ് മറ്റൊന്ന് വൃത്തിയിലുള്ള അറിവ് ഇപ്പൊ വൃത്തിയിലുള്ള അറിവ് എന്ത് ചെയ്യുന്നു ബ്രഹ്മമാകുന്ന അറിവിനെ ഇവിടെയാണ് ഒരു വല്യ ഗുരുതരമായ പ്രശ്നം ബ്രഹ്മമായ അറിവെന്ന് പറയുന്നത് എന്താണത് സ്വയം പ്രകാശിക്കുന്ന വെച്ചാൽ അത് അറിവായി ഇരിക്കണം വേറെ സ്വഭാവമല്ല അത് അറിവല്ലാതെ അറിവായി ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ അറിവായി പ്രകാശിക്കുന്നു പറയാം അതിനെ പുറത്തുനിന്നൊരു വൃത്തിയും അതിലുള്ള അറിവും കൂടെ വന്നിട്ട് ഇതിനെ പൊതിഞ്ഞുകഴിഞ്ഞാൽ വിശേഷിച്ച് എന്ത് സംഭവിക്കാനാണ് വിശേഷിച്ച് എന്ത് സംഭവിക്കാനാണ് ഒന്ന് സംഭവിക്കും പക്ഷെ ഒന്ന് സംഭവിക്കും ഒന്ന് സംഭവിക്കുന്ന എന്താണോ അവിടെയുള്ള ആ ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ നശിക്കും ഏതുകൊണ്ട് ഈ പൊതിഞ്ഞ വൃത്തിയിലുള്ള അറിവുകൊണ്ട് നശിക്കും അറിയാം പൊതിഞ്ഞ വൃത്തിയിലുള്ള അറിവുണ്ട് അവിടെ ഉണ്ടായിരുന്ന ബ്രഹ്മത്തെ ആശ്രയിച്ചിരുന്ന അവിദ്യ നശിക്കും ബ്രഹ്മത്തെ ആശ്രയിച്ച് അവദ്യ ഇരിക്കാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ അവിദ്യയിരിക്കുകയാണ് അപ്പൊ ഈ വൃത്തി വൃത്തിയിലുള്ള ആ അറിവ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ടിന്റെ ഉപയോഗം ആ ബ്രഹ്മത്യാസം അവിദ്യയെ നശിപ്പിക്കാനാണ് മനസ്സിലായോ അത് വൃത്തിയാണോ നശിപ്പിക്കുന്നത് അതോ ആ വൃത്തിയിലുള്ള അറിവാണോ നശിപ്പിക്കുന്നത് എന്നുള്ളതിലൊക്കെ ആചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിലോട്ട് നമ്മൾ കിടക്കേണ്ട കാര്യമുണ്ട് രണ്ടും കൂടെ നശിപ്പിക്കുന്നു നമുക്കൊരു ഒത്തുതീർപ്പായിട്ട് എടുക്കണം അപ്പൊ ബ്രഹ്മമാണ് അറിവാണ് അതിനെ ചുറ്റുന്നു അന്തക്കാരൻ വൃത്തി വൃത്തിയിൽ അറിവുണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തു ചെയ്യുന്നു ആ ബ്രഹ്മത്തിനുണ്ടായിരുന്ന അവിദ്യയെ നിശേദിക്കുന്നു ഇവിടെ നടത്ത പ്രശ്നം അതായത് പറയുന്നു ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടെന്ന് എന്തെ ബ്രഹ്മത്തിൽ അവിദ്യയുണ്ട് ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മം എന്ന് പറയുന്ന അറിവാണ് അല്ലേ ഈ അറിവ് എന്തുകൊണ്ട് ആവിദ്യ അങ്ങ് നശിപ്പിച്ചില്ല അങ്ങനെ ഒരു ചോദ്യം വരും പക്ഷെ ആ അറിവ് ഈ ബ്രഹ്മത്തെ ആസ്വദിച്ചിരുന്ന ആ വിദ്യ അറിവ് എന്തുകൊണ്ടും നശിപ്പിക്കുന്നില്ല എന്താണ് നശിപ്പിക്കാത്തത് എന്താ ചോദ്യം കാരണം എന്ന് വെച്ചാൽ ആ അവിദ്യയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വൃത്തി വേണ്ടി വന്നു വൃത്തിയിലെ ജ്ഞാനം ആ ബ്രഹ്മമാകുന്ന ജ്ഞാനത്തിന് ഈ അവിദ്യ നശിപ്പിച്ചുകൂടെ എന്താ നശിപ്പിക്കാറ് അഭി ഇല്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ചാണല്ലേ കാര്യങ്ങൾ ആക്കിപ്പോൾ വന്നതോ എന്തുകൊണ്ടാണ് നശിപ്പിക്കാത്തത് ഇത്തരം പറയാനുള്ള ബ്രഹ്മത്തിൽ അഭി ഇല്ല വളരെ വ്യക്തികളുമായിരിക്കും അതിന് കാരണം ആ വിദ്യ ഏതൊന്നാണോ തന്നെ ആശ്രയിക്കുന്നത് തന്നെ ആശ്രയിച്ച് നിലനിൽക്കുന്നത് അതിനെ നശിപ്പിക്കാൻ അതിന് കഴിയത്തില്ല ആ വിദ്യയുടെ നിലനിൽപ്പ് തന്നെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് അപ്പോ ്രഹ്മത്തെ ആശ്രയിച്ച് നില്ക്കുന്ന അതിന്റെ നിലനിൽപ്പ് അവിദ്യ അത് മനസ്സിലാവും അവിദ്യയുടെ നിലനിൽപ്പ് എന്നെ എന്തിനെ ആശ്രയിച്ച് ബ്രഹ്മത്തെ അതിന്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ചാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പറ്റൂ വിദ്യയുടെ നിലനിൽപ്പ് ബ്രഹ്മത്തെ ആശ്രയിച്ചാണെങ്കിൽ ബ്രഹ്മത്തിന് അവദ്യ നശിപ്പിക്കാൻ പറ്റൂ പറ്റൂ പത്തുന്നില്ല തെളിയുന്നില്ല വിളക്കിന്റെ വെളിച്ചം വിളക്കിന്റെ നിഴലുണ്ടാക്കുന്ന പോലെയാണോ അങ്ങനെ അതുപോലെ ബിമ്പു അതിന്റെ പ്രതിബിംബവും വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി വിളക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉദാഹരണം അപ്പൊ ചോദ്യത്തിന് ഉത്തരം പറയണം എന്തുകൊണ്ട് ബ്രഹ്മം അതിനെ ആശ്രയിച്ചിരിക്കുന്ന ആ അവിദ്യയെ നശിപ്പിക്കുന്നില്ല പറഞ്ഞാണ് അതിന്റെ ഉദാഹരണം മനസ്സിലാക്കിയാണ് കൊളുത്തിവെക്കുമ്പോ അതിന്റെ കീഴ് ഭാഗത്ത് ഇരട്ടായിരിക്കും ആയിരിക്കും ആ നെഴല് ആ വെളിച്ചത്തെ ആശ്രയിച്ചായിരിക്കും വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്നോണ്ട് തന്നെ ആ വെളിച്ചത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വിളക്ക് നമ്മൾ റാന്തല് താഴെ എന്തായിരിക്കും വിരളായിരിക്കും ആ റാന്തലിന്റെ വെളിച്ചത്തിന് ശ്രയിച്ചാണ് ആ ഇരുള നിക്കുന്നത് അതുകൊണ്ട് ആ വെളിച്ചത്തിന് ആ ഇരുള നശിപ്പിക്കാൻ പറ്റില്ല ഇനി ആ ഇരുളിനെ നശിപ്പിക്കണ എന്ത് വേണം വേറൊരു ടോർച്ചടിച്ചു അപ്പൊ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ആ വിദ്യ ഇരിക്കുന്നത് ആ വിദ്യയെ ബ്രഹ്മത്തിന് നശിപ്പിക്കാൻ പറ്റില്ല കാരണം അതെ ആശ്രയിക്കുന്നു അപ്പൊ പുറത്തുനിന്ന് ഒരു വെളിച്ചം കൊണ്ടുവരണം ഇവിടെ ഏതാണ് ആ വെളിച്ചം വൃത്തിജ്ഞ ബ്രഹ്മാകാര വൃത്തി അതിനുള്ള ഞാനും എന്ത് ചെയ്യുന്നു പുറത്തുനിന്നളിക്കുന്ന ടോർച്ച് പോലെയാണ് അത് ഈ ബ്രഹ്മത്തെ ആശ്രയിക്കിച്ചിരിക്കുന്ന അവിദ്യയെ നശിപ്പിക്കും കത്തി ഇനിയും പ്രശ്നം വരുന്നു ഒരുപാട് പ്രസംഗ്ര ആശ്രയിച്ചാണ് വിദ്യയിരിക്കുന്നത് പറ്റൂല വിളക്കിന്റെ നീടുപോലെ അപ്പൊ ആ വിദ്യ പുറത്തുനിന്ന് വേണം അതാണ് എന്ത് ബ്രഹ്മാകാര വൃത്തി ആ വൃത്തിയും അല വിളിച്ചുകൊണ്ട് അങ്ങോട്ടെ ്രഹ്മത്തെ ആശ്രയിച്ച് അവിധീരിക്കുന്നു പറഞ്ഞു എന്തിനായി ബ്രഹ്മത്തെ ആശ്രച്ച് അവിധങ്ങളെന്തിനു വേണ്ടിട്ടാണ് ബ്രഹ്മത്തെ ആശ്രയിച്ച് അവിധീകരിക്കുന്നു ബ്രഹ്മമാണ് ജലത്തിനെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മമാണ് എന്തിന്റെ സഹായത്തോടെ സൃഷ്ടിക്കും അവിദ്യയുടെ അപ്പൊ ബ്രഹ്മം അവിദ്യയുടെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തെ സൃഷ്ടിക്കും അപ്പൊ ആ അവിദ്യ ബ്രഹ്മത്തില്ല വേറെ എവിടെയിരിക്കും വേറെ എവിടെ കയ്യിലിരിക്കാൻ പറ്റും എന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടടിച്ച് കഴിഞ്ഞാൽ വടി എന്റെ കയ്യിലെല്ലാം വേറെ ജഗത്തിന് സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കണമെങ്കിൽ അതിനെന്ത് വേണം അവിദ്യ വേണം ആ അവിദ്യ ജഗത്തിന് കാരണമായ അവിദ്യ ബ്രഹ്മത്തിന്റെ അവിദ്യ ബ്രഹ്മത്തിൽ എല്ലാ പേരും എവിടെങ്കിലും ഇരിക്കും ബ്രഹ്മത്തിൽ തന്നെ അപ്പൊ ബ്രഹ്മം കൊണ്ട് അവിദ്യയുണ്ട് രണ്ടും രണ്ടും അനാദിയാണ് അങ്ങനെ അവരെ രണ്ടുപേരും കൂടി ചേർന്നി പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നു ജീവന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നു എല്ലാവരും സൃഷ്ടിക്കുന്നു ബ്രഹ്മവും ജീവനും ഒക്കെ ഒന്നാളെങ്കിലും സൃഷ്ടിയൊക്കെ നടക്കുന്നു അപ്പോ ബ്രഹ്മം ജീവൻ എന്ത് ചെയ്യുന്നു ബ്രഹ്മവും ജീവനും ഇവിടെ രണ്ടല്ല ബ്രഹ്മം തന്നെയായിരിക്കുന്ന ജീവൻ വളരെ കഷ്ടപ്പെട്ട് ബ്രഹ്മകാര വൃത്തി ഉണ്ടാക്കും ശ്രോണം മനനം സത്യാസനം ചെയ്ത് ബ്രഹ്മകാര വൃത്തി ഉണ്ടാക്കും അതാരുണ്ടാകുന്നത് ജീവൻ അങ്ങനെ ബ്രഹ്മവും ജീവനും ആരെ ഒന്ന് ഈ വൃത്തിയെന്ത് ബ്രഹ്മത്തെ പളയും ബ്രഹ്മത്തിൽ വ്യാപിച്ചു ൃത്തി ബ്രഹ്മത്തിന് പിന്നെ ഇങ്ങനെ ഒരു അവിദ്യ ഉണ്ട് എന്നുള്ള കാര്യം ഈ ജീവൻ അതുകൊണ്ടാണ് ജീവൻ പറയുന്നത് ഞാൻ അറിവില്ലാത്തവനാണ് ഞാൻ അജ്ഞനാണ് എന്തുകൊണ്ട് ഞാൻ അജ്ഞനെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ തന്നിലിരിക്കുന്ന അജ്ഞാനത്തെ അവിദ്യ അറിയണം ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമാണ് തന്നിൽ അജ്ഞാനം ഇരിക്കുന്നു എന്നുള്ളതിന് പ്രമാണ താൻ ബ്രഹ്മമായതുകൊണ്ട് ആ അജ്ഞാനം എവിടെയിരിക്കുന്നു എന്ന് പറയും ബ്രഹ്മത്തിയിരിക്കുന്നു മനസ്സിലായ അജ്ഞാനം അങ്ങനെ ബ്രഹ്മത്തിരിക്കുന്ന ആ ജ്ഞാനം നശിക്കണമെങ്കിൽ തന്നെ തന്നെ ഈ ബ്രഹ്മത്തിൽ തന്നെ എന്തു ചെയ്യണം ഒരു ജ്ഞാനം വരണം മറ്റൊരു ജ്ഞാനം വരണം അതിനു വേണ്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു ജീവൻ മറ്റൊരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു ആ ജ്ഞാനം വന്നിട്ട് ബ്രഹ്മത്തെ വ്യാപിച്ച് നശിപ്പിക്കുന്നു എന്തുകൊണ്ട് ബ്രഹ്മം അജ്ഞാനത്തെ അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല അജ്ഞാനം എന്തുകൊണ്ട് ബ്രഹ്മത്തിരിക്കുന്നു അഖണ്ഡാകാര എന്താ ചെയ്യുന്നത് ഇതിനുള്ള ഉത്തരം പറഞ്ഞില്ല മനസ്സിലായാ ഇതിനോട് അദ്വൈത പ്രക്രിയ ബ്രഹ്മം ബ്രഹ്മജ്ഞാനം സാക്ഷാത്കാരം അവിടെ എന്താണ് അവിദ്യ എന്താണ് ബ്രഹ്മകാല വൃത്തി അതിന്റെ പ്രയോജനം എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഈ വിശദീകരണത്തിനാണ് പ്രക്രിയ എന്ന് പറയുന്നത് മാത്രമേ ഒരു സ്വന്തം സംഭവമാണ് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ശരി വൃത്തി വന്ന് വിദ്യ നശിപ്പിച്ചു നശിപ്പിച്ചു കഴിഞ്ഞാൽ വൃത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റത്തില്ല സ്വന്തത്തിൽ തീരെ പോലെയാണ് എല്ലാ വൃത്തികളും അത് നശിച്ചു അപ്പോ എന്തു ചെയ്തു ഈ ബ്രഹ്മത്തിൽ ഒരു വൃത്തിയുണ്ടായി അത് അവിദ്യയെ നശിപ്പിച്ച് അത് എന്നെ ശേഷിക്കുന്നത് എന്താണോ അതാണ് സനോ മടങ്ങ് ഇടം സ്വയം പ്രകാശം ാണ് അദ്ദേഹത്തിന്റെ പരിക്രിയ അതൊക്കെ വിശദീകരിക്കുന്നത് പിന്നെ ഞാൻ ഇത്ര സിമ്പിളായി പറഞ്ഞെങ്കിലും ഇതിനകത്ത് പല ആചാര്യന്മാർക്കും പല തർക്കങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാവുക പല പല തർക്കങ്ങളുണ്ട് ഈ ബ്രഹ്മത്തിനെ ആശ്രയിച്ചാണോ അവിദ്യയിരിക്കുന്നത് അതുപോലെ ജീവനെ ഈ അവിദ്യയെ തന്നെയാണോ മായ എന്ന് പറയുന്നത് ഒന്നാണോ അത് വേറെ വേറെയാണോ ണോ ഈ അജ്ഞാനത്ത് വിദ്യയെ നശിപ്പിക്കുന്നത് അതിന് അജ്ഞാനമാണോ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്വൈതീൻ്റെ ഇടയിൽ തന്നെയുണ്ട് എന്നാലും അതിന്റെ ചുരുക്കം ഇതാണ് ഈ താല്പര്യം ഇതാണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ശേഷിക്കുന്ന എന്താണ് ബ്രഹ്മ അപ്പൊ ബ്രഹ്മത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല സംഭവിച്ചൊക്കെ സംഭവിച്ചത് അപ്പൊ ഈ അഖണ്ഡാകാര സംഭവിച്ച വിദ്യ എന്ന് പറയുന്നത് ഈ അഖണ്ഡാകാര വൃത്തിയാണ് വിദ്യ എന്ന് പറയുന്നത് വിദ്യകൊണ്ട് അവദ്യുന്നത് ഇങ്ങനെയാണ് അപ്പൊ വിദ്യ കൊണ്ട് അവദ്യ മനസ്സിലായി പക്ഷെ വിദ്യയും നശിക്കുംങ്ങനെ പറയുന്നു അതിനെന്താ കാരണം വെറുതെ നശിച്ചു പോയി അത് എന്താ കൽപനാ പ്രപഞ്ചമായിരുന്നല്ലോ അങ്ങനല്ല അത് അത് നിത്യം നിത്യമാണ് എന്തുകൊണ്ട് പോകുന്നു വൃത്തി അങ്ങ് പോകുന്നു എന്തുകൊണ്ടാണ് അത് ഉണ്ണയില്ലല്ലോ വൃത്തിയൊന്നും ബ്രഹ്മത്തിനെ ആശ്രയിച്ചൊക്കെയാണല്ലോ ആധാരമില്ലാതെ ആഭയത്തിലേക്കൊന്നു പോയി വെറുതെ ഒന്ന് അറിഞ്ഞു നോക്കുകയാണ് ഒന്നും അറിയില്ല ഈ ഒരു ഉദാഹരണം കൊണ്ട് പറയാറുണ്ട് നമ്മൾ ഒരു കാലയിൽ മുൻപെടുത്തിട്ട് ആ മൂന്ന് വേറെ മുൻപെടുത്ത് എടുത്തിട്ട് ആ രണ്ട് മൂളിൽ ഉപേക്ഷിക്കാൻ പറയുന്നു അതെങ്ങനെ ഈ വൃത്തി അജ്ഞാനത്വം നൽകിച്ചാൽ വൃത്തി എന്തുകൊണ്ടും പോകുന്നു ബ്രഹ്മെന്ന് പറയുന്നത് ഏകമാണ് ബ്രഹ്മത്തിൽ നിന്നൊന്നും ഉണ്ടാകത്തില്ല നിർഗുണമാണ് അതൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല അസമയം അവിദ്യ എന്ന് പറയുന്ന വികാരിയാണ് ഈ ബ്രഹ്മത്തെ പൊതിയുന്ന ഗ്ലോബിനെ പൊതിയുന്ന പോലെ ബ്രഹ്മത്തെ പൊതിയുന്ന വൃത്തി ഉണ്ടാകുന്നത് അവിദ്യയിൽ നിന്നാണ് മനസിലായോ ആ അവിദ്യയിൽ നിന്നാണ് വിദ്യ ഉണ്ടാവുന്നത് അപ്പോ വിദ്യ എന്ന് പറയുന്നതല്ലെങ്കിൽ വൃത്തി കാര്യവും അവിദ്യ കാരണവുമാണ് മനസിലായോ അപ്പോ ഈ വൃത്തി കാര്യമാണെങ്കിൽ അത് വന്നിട്ട് എന്തിനാ നശിപ്പിക്കുന്നു അവിദ്യ അപ്പൊ അവിദ്യ കാരണം എന്താ വെച്ചാ പിന്നെ കാര്യമില്ല ചട്ടമ്പിസാമി ഒരു ഉദാഹരണം പറയും കൊല വാഴ കൊലച്ചു കഴിഞ്ഞാൽ വാഴ നശിച്ചുപോകും അതുപോലെ ഒരു ഉദാഹരണം പറയുന്ന പണ്ട് പഴയകാലത്ത് ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി വാഴ കൊരച്ചു കഴിഞ്ഞാൽ നശിച്ചുപോകും അതുപോലെ ഈ അവിദ്യയിൽ ഫലമാണ് വൃത്തി ആ വിദ്യയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണെന്ത് വൃത്തി ഈ ഫലം എന്ന് പറയുന്ന കൊല ഇത് കൊലച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വാഴയില്ല എന്നുവെച്ചാൽ അവിദ്യയും നശിച്ചു പിന്നെ എന്തുമാത്രം ശേഷിക്കും അതാണ് സനു മടങ്ങും ഇടംഭാശം ഇതൊക്കെ അദ്വൈതികൾ ഇരന്ന് എഴുതി എഴുതി എഴുതി പ്രക്രിയകളാണ് സൂപ്പറാണ് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാനെങ്കിലും പറ്റും എനിക്കൊത്തിരി ഇഷ്ടമായി ഇതാണ് പ്രക്രിയ മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ ഒന്നും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കത്തില്ല ഇല്ല ചുമ്മാ ഇങ്ങനെ പോയിട്ട് എന്തൊക്കെയോ നമ്മളും ില്ല സാധനം കിട്ടും എന്നുവെച്ചാൽ ഈ മിഷനറീസ് അല്ലേ അപ്പൊ അവർക്ക് ജനങ്ങളോട് ഇത്രയും പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരും ജനങ്ങളെയൊക്കെ പിന്നെ ഈ ശരിക്കും പിന്നെ അവര് സംസാരിക്കാത്തരുന്നു ആരെങ്കിലും ശിഷ്യന്മാരോന്ന് ചോദിച്ചാലല്ലേ ശിശ്നെ പഠിപ്പിക്കും അല്ലാതെ ഇത് പബ്ലിക്കായിട്ടുള്ള ഒരു സാധനമല്ല അതങ്ങനെ ആക്കിയെടുത്താൽ എന്താ മുതലേ പിന്നെ ഇതിനകത്ത് ചോദ്യങ്ങൾ ഒരുപാട് ഒന്നും ഗ്ലോഗ് ഗ്ലോബിന് നാല് സൈഡിൽ നിന്ന് വിളിച്ചോടി ഇരുട്ടത്തിരിക്കുന്നു ഗ്ലോബിന്റെ ഇരുട്ടെന്നും പറയാം പക്ഷെ ബ്രഹ്മന്ന് പറയുന്ന എന്താണ് അതിനൊരു ഗ്ലോബ് പോലെ ഒരു രൂപം ഇല്ല അത് പ്രകാശമാണ് ഇപ്പം വൃത്തി വന്നിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന് രൂപമില്ല ഒരു ബ്ലോബിനാവുമ്പോൾ തുണികൊണ്ടും കവർ ചെയ്യാം വെളിച്ചം കൊണ്ടും കവർ ബ്രഹ്മം എന്ന് എന്താണ് രൂപരഹിതമാണ് അതിനൊരാകൃതിയില്ല നിറമില്ല ഖനമില്ല വെയിറ്റ് ഇല്ല ഇതൊന്നുമില്ല അങ്ങനെയുള്ള ബ്രഹ്മത്തിന് വൃത്തി എന്ന് പറയുന്ന സമയം എന്താണ് അവിദ്യയുടെ കാര്യമാണ് പഞ്ചഭൂതങ്ങളെന്നൊന്നുണ്ടായതാണ് അങ്ങനെയുള്ള കാര്യം വന്നിട്ട് മനസ്സിലായോ ഇതിനെ കവറ് ചെയ്യുക അതെങ്ങനെ സംഭവിക്കും എങ്ങനെ സംഭവിക്കും അതങ്ങനെ സംഭവിക്കും കാരണം പ്രകാശം പോലെ ഒന്നാണെന്ത് അറിവ് അതിന് പ്രത്യേകിപ്പങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ലെങ്കിലും ഈ പറയുന്ന ഭൗതികമായ പഞ്ചഭൂതകാര്യമായ അന്ധകരണം ഒന്ന് ഒരാകൃതി രൂപമൊന്നും ഇല്ലാതെ ഏതാ പൊതിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും അങ്ങനെ നടക്കും പിന്നെ അഖണ്ഡാകാല വൃത്തി അല്ലാത്ത വൃത്തി വന്നിട്ട് വൃത്തി ആ അതെങ്ങനെ പറ്റും പൊതിയണമെങ്കിലേ ഇപ്പോഴൊരു സാധനമായിരിക്കണം പൊതിയായി ബ്രഹ്മസാധനമാണോ എന്തെങ്കിലും അത് ശുദ്ധമായ അറിവാണ് അതിനെ വളഞ്ഞിട്ട് പിടിക്കാൻ അങ്ങനെ പറ്റും ബ്രഹ്മത്തെ വളഞ്ഞിട്ട് എങ്ങനെ പിടിക്കും അതിനെങ്ങനെ അതിനെങ്ങനെ വ്യാപിക്കുന്നെങ്ങനെ ഇനി ഒരു കാര്യമുണ്ട് ഇപ്പൊ വ്യാപിക്കാന്ന് പറയുന്നു ഇപ്പൊ ഇതിനകത്ത് വെള്ളമൊഴിച്ചാ വെള്ളം ഇതിൽ വ്യാപിക്കാണ്ട് ഇതിന് ദേശമുണ്ട് വസ്തുപത് ദേശമില്ലാത്തതിലെങ്ങനെയാ വ്യാപിക്കുന്നത് അതൊരു ചോദ്യമാണ് എങ്ങനെ വ്യാപിക്കും അദ്വീതികൾ എവിടെയെങ്കിലും കൊണ്ടിട്ടും മറുപടി പറയും അവരെന്താ പറയുന്നത് അവിദ്യ എന്ന് പറയുന്ന അനർവചനീയമാണ് അവിദ്യാകാരമായ കാര്യമായിരിക്കുന്ന അന്ധക്കരണവും അനർവചനീയമാണ് പനർവചനീയമായിരിക്കുന്ന ഈ അന്ധക്കരണ വൃത്തിയും അനുവചനീയമാണ് പനർവചനീയമായിരിക്കുന്ന ഈ അന്ധക്കരണവൃത്തി ബ്രഹ്മത്തെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അനുവചനീയമായ കവറിങ്ങ് അനർവചനീയമായ കവറിംഗ് കൊണ്ട് അനുവചനീയമായ ആ വിധി പോയി പോലെ ഇത്രയും വെറിയല്ലോ അറിയൂടുണ്ടോ ്രഹ്മം ഫ്രീ ആയി അതാണ് മുക്തി അങ്ങനെയുണ്ട് ആശാന്റെ ബുദ്ധി കൃത്യ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യം ഇങ്ങളും പല പല ഉത്തരങ്ങളും ഉണ്ട് ഒരു ചോദ്യം ഒരു ഉത്തരവല്ല നമുക്ക് നിർത്താം